ധ്യായം ഒൻപത് അനന്തരം ദാവീദ് ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്നന്വേഷിച്ചു എന്നാൽ ശൗലിന്റെ ഗ്രഹത്തിൽ സീബ എന്ന പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി രാജാവ് അവനോട് നീ സീബയോ എന്ന് ചോദിച്ചു അടിയനെന്ന് അവൻ പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൌലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് രാജാവ് ചോദിച്ചതിന് രണ്ടു കാലും മുടന്തായിട്ട് യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് ോദേബാലിൽ അമ്മിയേലിന്റെ മകനായ മാഖീറിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു അപ്പോൾ ദാവിദ് രാജാവ് ആളയച്ചു ലോദേബാലിൽ അമ്മിയേലിന്റെ മകനായ മാഖീറിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി ശൗലിന്റെ മകനായ യോനാഥന്റെ മകൻ മെഫി ബോഷേർ അടുക്കൽ വന്നു ാഷ്ടാംഗം വീണ് നമസ്കരിച്ചു ദാവീദ് മെഫിബോഷെത്തെ എന്ന് വിളിച്ചതിന് അടിയനെന്ന് അവൻ പറഞ്ഞു ദാവീദ് അവനോട് ഭയപ്പെടേണ്ട നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൌലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കിത്തരുന്നു നീയോ നിത്യം എന്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചുകൊള്ളണം എന്നു പറഞ്ഞു അവൻ നമസ്കരിച്ചും കൊണ്ട് ചത്ത ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുളൂ എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് ശൗലിന്റെ ഭൃത്യനായ സീബയെ വിളിപ്പിച്ച് അവനോട് കൽപ്പിച്ചത് ശൌലിനും അവന്റെ സകല ഗ്രഹത്തിനുമുള്ളതൊക്കെയും ഞാൻ നിന്റെ യജമാനന്റെ മകന് കൊടുത്തിരിക്കുന്നു നീയും നിന്റെ പുത്രമാരും വേലക്കാരും നിന്റെ യജമാനന്റെ മകനെ ഭക്ഷിപ്പാൻ ആഹാരമുണ്ടാകേണ്ടതിന് അവനു വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവമെടുക്കണം നിന്റെ യജമാനന്റെ മകനായ മെഫിബോഷെ നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളു എന്നാൽ സീബയ്ക്ക് പതിനഞ്ച് പുത്രന്മാരും ഇരുപത് വേലക്കാരും ഉണ്ടായിരുന്നു രാജാവായ യജമാനൻ അടിയനോട് കൽപ്പിക്കുന്നതൊക്കെയും അടിയൻ ചെയ്യുമെന്ന് സീബ രാജാവിനോട് പറഞ്ഞു മെഫിബോഷേത്തോ രാജകുമാരന്മാരിൽ ഒരുത്തനെന്ന പോലെ ദാവീദിന്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു പോന്നു മെഫിബോഷേത്തിന് ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നു അവന് മീഖ എന്നു പേർ സീബയുടെ വീട്ടിലുള്ളവരൊക്കെയും മെഫിബോഷേത്തിന് പൃഥ്വന്മാരായിത്തീർന്നു ഇങ്ങനെ മെഫിബോഷേർ യരുഷലേമിൽ തന്നെ വസിച്ച് രാജാവിന്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചുപോന്നു അവനെ കാലു രണ്ടും മുടന്തായിരുന്നു